എല്ലാവർക്കും എന്റെ പ്രമാ നി പഞ്ചകത്തിലെ നാലാമത്തെ പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അഹം ത്വ സോയം അന്തർ ബഹിരസ്തി നദിവാദോപരതിർയ തൃത്തി അഹം ത്വ സഹ അയം സോയം അവൻ ഇവൻ അന്തർഹി അകം ബഹിരസ്ഥി വറം അകം പുറം ഇവയൊക്കെ അല്ലെങ്കിൽ അകത്ത് പുറത്ത് ഈശ്വരനെക്കുറിച്ചൊക്കെ സംശയം അകത്താണോ പുറത്താണോ ബഹിരസ്ഥി നവ അസ്ഥി പുറത്തുണ്ടോ അകത്തുണ്ടോ അല്ലെങ്കിൽ അകമുണ്ടോ പുറമുണ്ടോ ഇത്യാദി വാദോപരത്തി ഇങ്ങനെയുള്ള ചർച്ചകളെല്ലാം ആരിൽ പൂർണ്ണമായും അവസാനിച്ചുവോ അങ്ങനെയുള്ള ആൾക്ക് തശ നിർവൃത്തി അദ്ദേഹത്തിന് മാത്രമേ പരമമായ മോക്ഷം നിർവൃത്തി സുഖം അനുഭവിക്കാൻ പറ്റൂ ഇത് എങ്ങനെ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ബോധമാണ് ഇത് ഒരാൾ കുറപ്പ് വന്നാൽ പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം ബോധമാണ് രണ്ടാമത് ഒരു വസ്തു ലേശം പോലുമില്ല അപ്പോ അഹം ഞാൻ ബോധമാണ് ത്വം നീ ബോധമാണ് സഹ അവൻ ബോധം അയം ഇവൻ ബോധം ോധം അന്തർ ഹി അന്ത ഹി അകം ബോധം ഇത് വ്യക്തമായി പിടികിട്ടിയാൽ പിന്നെ എന്തിനെക്കുറിച്ച് ചർച്ച ഞാൻ ആര് വ്യക്തമായിട്ട് പിടികിട്ടിയല്ലോ ബോധം നീ ആര് ബോധം ഇത് ശാസ്ത്രീയമായി വിചാരം ചെയ്തുറപ്പിക്കണം അവനാർ ബോധം ഇവനാര് ബോധം ബോധം പുറമെന്ത് ബോധം അപ്പോൾ ഇനി ചർച്ച വേണോ എന്തിനെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് അപ്പോ അകമെന്ത് പുറമെന്ത് ഞാനാര് നീ ആര് ഇത്യാദി ചർച്ചകൾ നല്ല ഉറപ്പായ ഈ വസ്തുബോധം കൊണ്ട് ആരിൽ എന്നേക്കുമായി വിട്ടുപോയോ ഉപശമിച്ചുവോ അദ്ദേഹത്തിനാണ് പരമമായ മോക്ഷാനുഭവം അപ്പോൾ ഈ ബോധമാണ് നമ്മളിത് മിക്കവാറും എന്നും ചർച്ച ചെയ്യാറുണ്ട് ബോധം അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു സറി ബോധം ബോധം എന്ന് പറയുന്നല്ലോ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്നും വിശദമായി അറിഞ്ഞാൽ തരക്കണില്ല ശരിയാണ് നമുക്കിന്ന് അക്കാര്യം തന്നെ ചർച്ച ചെയ്യാം നിർവൃതി വഞ്ചകം അവസാനിക്കാനും ല്ലേ എന്താ ഈ ബോധം പലരും ആ ചോദ്യം തന്നെ ചോദിക്കുന്നു എന്താ സാർ ഈ ബോധം ബോധം എന്താണെന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല സ്വയം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ബോധം ഈ ജഗത്തിൽ അനന്ത കോടി സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന വസ്തുവേത് എന്നന്വേഷിക്കൂ അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം ഗുരുദേവനും അദ്വൈതദീപികയിൽ പറയുന്നത് ഉണ്ട് ഉണ്ട് എന്ന് ഉണ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു വസ്തു സൂര്യനിലായാലും ശരി ചന്ദ്രനിലായാലും ശരി ആ വസ്തുവാണ് ബോധം അതുണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ട് ഇപ്പൊ ഈ കസേരയ്ക്ക് ഞാനുണ്ട് സ്വയം ഉണ്ട് എന്നനുഭവമില്ല അല്ലെങ്കിൽ ഒരു മൺകട്ടയ്ക്ക് സ്വയം ഉണ്ട് എന്നനുഭവമില്ല അതുകൊണ്ട് അതിന് അതില്ല മൺകട്ടയ്ക്ക് അതായത് മാറ്റർ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ശുദ്ധജടം അതിൽ സ്വയം ഉണ്ടെന്നനുഭവം ഇല്ല അതുകൊണ്ട് അതിന് അതില്ല ഇനി ആരെങ്കിലും പറയുകയാണ് അതിനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെയാ അറിയാം സാർ ഇപ്പോൾ ഒരു പാറക്കല്ലിന് അതുണ്ടോ ഇല്ലയോ എന്ന് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയും ഒരു വിരോധമില്ല അത് ഞാനുണ്ട് എന്നനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ട് അത് ബോധം അതിൽ ബോധമുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ കസേര അതിന് ഉണ്ടെന്നനുഭവമില്ല അതുകൊണ്ട് അതിന കസേരയ്ക്ക് കസേര ഇല്ല അശുദ്ധശൂന്യം അവ പിന്നെ കസേരയ്ക്ക് ബെഞ്ച് ഉണ്ടാവാൻ പറ്റുമോ മറ്റെന്തെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ അങ്ങനെ ജഡവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയ്ക്കവ ഇല്ല അതുകൊണ്ട് തന്നെ അവ അവയെ ഉണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിൻ്റെ വെറും കാഴ്ചകൾ ബോധം കൈവിട്ടാൽ അവ ഇല്ല ശുദ്ധശൂന്യം ജഡപ്രപഞ്ചത്തെ ബോധം കൈവിടുകയാണെങ്കിൽ ജഡപ്രപഞ്ചമില്ല അങ്ങനെ കൈവിടാൻ പറ്റുമോ സാർ പറ്റും ബോധം ജഡപ്രപഞ്ചത്തെ നമ്മളാരും അനുഭവിക്കുന്നത് സങ്കല്പങ്ങളിൽ കൂടെയാണ് സങ്കൽപ്പമില്ലെങ്കിൽ മേശയുണ്ട് എന്ന സങ്കല്പമില്ലെങ്കിൽ മേശയില്ല ഈ സങ്കല്പം നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സങ്കല്പമാണ് സങ്കല്പത്തെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തും പ്രാണനുണ്ട് എന്ന് നാം സങ്കല്പിച്ച് അനുഭവിക്കുകയാണ് സങ്കല്പയില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല പ്രാണനെ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ലേ സാർ പറ്റില്ല പ്രാണൻ സ്പന്ദിക്കുമ്പോൾ പ്രാണനുണ്ട് എന്ന സങ്കല്പത്തോടു കൂടിയാണ് നാം പ്രാണനെ അനുഭവിക്കുന്നത് ആ സങ്കല്പം ഇല്ലെങ്കിൽ പ്രാണൻ അനുഭവപ്പെടില്ല പ്രാണൻ നിശ്ചലമാവും അങ്ങനെയാണല്ലോ നിർവികല്പ സമാധിയും മറ്റും നമ്മൾ ഋഷീശ്വരന്മാർ അനുഭവിക്കുന്നത് പ്രാണനില്ല അവ സങ്കല്പങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും വസ്തുക്കളാണ് അതുകൊണ്ട് അവയെ പൂർണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്ന ബോധത്തിന് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിന് സങ്കല്പങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ശുദ്ധബോധം മാത്രം പ്രപഞ്ചമില്ല പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സങ്കല്പമാധ്യമത്തിൽ കൂടിയാണ് ആര് വേണോ അന്വേഷിച്ചു നോക്കട്ടെ ആ സങ്കല്പമാധ്യമം അംഗീകരിക്കാനും ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു ഘടകമാണ് അതാണ് സങ്കല്പനിരോധമാണ് യോഗം യഥായം സ്വവികൽപോത്ഥ സ്വവികൽപ്പ പരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധ സംസാരോ നിസ്സാരയി നിശ്ചയ ശുഗൻ അച്ഛനോട് പറയുന്നതാണ് ശുഗൻ പറഞ്ഞു എനിക്ക് ഈ എന്ത് സത്യമാമോനെ നിനക്ക് പിടികിട്ടിയത് അത് ഇതാണ് ഈ പ്രപഞ്ചം എൻ്റെ അതായത് ബോധത്തിൻ്റെ ഞാൻ ഉണ്ട് എന്നനുഭവിക്കുന്ന എൻ്റെ സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഞാനും സങ്കല്പം ഉപേക്ഷിച്ചാൽ പ്രപഞ്ചമില്ല യഥായം സ്വവികല്പോത്ഥ സ്വവികൽപ്പം വികല്പം തന്നെ വിവിധ സങ്കല്പം എപ്രകാരമാണോ ഈ പ്രപഞ്ചം എന്റെ വിവിധ തരത്തിലുള്ള സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നും അത് അപ്രകാരം വികൽപ്പരീക്ഷയാ ആ വികൽപ്പം മാറാമെങ്കിൽ ക്ഷയിക്കാമെങ്കിൽ പ്രപഞ്ചം ഇല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം നിസ്സാര പക്ഷെ ഞാൻ കൽപ്പിച്ചുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വസ്തു ഇതിലെത്തിരിക്കുന്നു യഥായം സ്വവികൽപോത്ഥ സ്വികല്പരീക്ഷയാക്ഷീയത്തെ ദാരോ ദ സംസാരമെന്ന് വെച്ചാൽ ഒന്നുമില്ല വെറും ചാമ്പൽ ദഗ്ധ സംസാരോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ സംസാരം ആതി നിസ്സാരം എന്നാണ് ശുഗം അച്ഛനോട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു നീ കണ്ട സത്യം തന്നെ സത്യം എങ്കിലും മിഥിലാപുരിയിൽ ജനകനുണ്ട് ചക്രവർത്തി അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്ക് അദ്ദേഹം പൂർണ്ണ സത്യം അനുഭവിക്കുന്ന ആളാണ് ചക്രവർത്തി അപ്പൊ പൂർണ്ണമായ സംശയം തീരും അവിടെ പോയി ചോദിച്ചു അപ്പൊ ജനകൻ പറഞ്ഞു അങ്ങ് അറിഞ്ഞതിൽ കൂടുതൽ ഒരു സത്യം ഇവിടെ അറിയാനില്ല അങ്ങേക്ക് പോവാം എന്ന് പറഞ്ഞ് ശുഖനെ യാത്രയാക്കുകയും ചെയ്തു ഇതാണ് വസ്തുത അപ്പോ നമ്മൾ ബോധം ഞാനുണ്ട് ഞാനുണ്ട് എന്ന ആ ബോധമാണ് നമ്മിൽ ഓരോരുത്തരിലും അനുഭവപ്പെടുന്നത് നമ്മിലെന്നല്ല അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ ഞാനുണ്ട് എന്ന ബോധം ഉള്ളതുകൊണ്ട് അവയൊക്കെ ഉള്ളത് അമീബയിൽ ആ ബോധമുള്ളതുകൊണ്ട് അമീബയുണ്ട് വിഷ്ണുവിലും ശിവനിലുമൊക്കെ ആ ബോധം ഞാനുണ്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക വിഷ്ണുവും ശിവനും ബോധമില്ല വിഷ്ണുവിൽ ബോധമില്ലാത്ത വിഷ്ണു ഹിന്ദു രസകരമായ ഏർപ്പാടാണ് പിന്നെ വിഷ്ണു അതാണ് ബോധം അപ്പോൾ ഈ ബോധം ഉണ്ട് ഉണ്ട് നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ബോധം ഇല്ല എന്ന് ഇന്ദ്രിയങ്ങൾ മനസ്സ് ചിലത് എന്നോട് എന്നെ ചോദിക്കാറുണ്ട് ഈ ബോധത്തെ അംഗീകരിക്കണോ മനസ്സാണ് പ്രപഞ്ചത്തെ കാണുന്നത് മനസ്സിനെ അംഗീകരിച്ചാൽ പോരെ നോക്കാം മതിയോന്ന് നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങൾ മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം കണ്ണ് കണ്ണിന് ഞാനുണ്ട് എന്നനുഭവമുണ്ടോ ഉള്ളതായിട്ട് തോന്നുന്നില്ല കണ്ണ് ഉള്ളതായി തീരുന്നത് ബോധമുള്ളതുകൊണ്ടാണ് എൻ്റെ കണ്ണ് ബോധം അനുഭവിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ കണ്ണില്ല കണ്ണിൽ കൂടി ബോധം പുറത്തു വരുമ്പോൾ കണ്ണൊരു ഉപകരണമാണ് നമ്മളൊരു കണ്ണാടി വെച്ച് നോക്കും പോലെ ബോധത്തിൻ്റെ ഒരു ഉപകരണം കണ്ണിൽ കൂടി ബോധം പുറത്തു വരുമ്പോൾ രൂപം ഒരിക്കലും ഞാൻ ആണ് രൂപം കണ്ടത് എന്ന് കണ്ണഭിമാനിക്കാറില്ലല്ലോ ഞാൻ രൂപം കണ്ടു എന്ന് ഞാനാണ് കണ്ണിൽ കൂടി രൂപം കണ്ടത് ഞാനാണ് അല്ലാതെ ഞാനില്ലെങ്കിൽ കണ്ണ് കാണില്ല ചെവിയിൽ കൂടെ ശബ്ദം കേട്ടു ഞാൻ ചെവിയിൽ കൂടി വന്നപ്പോൾ ശബ്ദം കേട്ടു അല്ലാതെ ചെവി ശബ്ദം കേട്ടു എന്നാരും പറയാറില്ല പറയാം പക്ഷെ ഞാനില്ലെങ്കിൽ ചെവി കേൾക്കില്ല തീർച്ചയായും ഈ വൈവിധ്യം തന്നെ ഞാൻ കണ്ണിൽ കൂടി രൂപം കണ്ടു ഞാൻ കണ്ണിനെ വിട്ടിട്ട് ചെവിയിൽ വന്നപ്പോൾ ചെവിയിൽ കൂടി ശബ്ദം കേട്ടു ഞാൻ മൂക്കിൽ കൂടി വന്നപ്പോൾ മണത്തു ഞാൻ മണത്തു ഞാൻ മണത്തു ഞാൻ രൂപം കണ്ടു ഞാൻ ശബ്ദം കേട്ടു എല്ലാം ഒരാൾ ഒരാൾ പക്ഷെ ഉപയോഗിച്ചത് പല ഉപകരണങ്ങൾ അതിൻ്റെ അർത്ഥമെന്താ ഈ ഒരേ ഞാൻ ബോധം ചെവിയിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ ശബ്ദം കണ്ണിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ രൂപം ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ഒക്കെ വിലയിരുത്തി നോക്കുക ഞാൻ എന്ന കേന്ദ്രഭൂതമായ ആ ബോധം സ്വയം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധമില്ലെങ്കിൽ കണ്ണ് പ്രവർത്തിക്കുമോ ഇനി മനസ്സ് നോക്കാം ചിലർ മനസ്സാണല്ലോ ഇതൊക്കെ ഉണ്ടെന്ന് എന്താ ഈ മനസ്സ് മനസ്സെന്ന് പറയുന്നത് കുറേ ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു ആവിത്ഭാവ തിരോഭാവമാണ് അതിങ്ങനെ വരിക പോവുക എനിക്ക് വീട് വയ്ക്കണം ആരാ വീട് വയ്ക്കണം സങ്കല്പമാണ് മനസ് വീട് വെക്കണം എന്ന സങ്കല്പം ആർക്കാണ് സർ അത് മനസ്സിനല്ലേ വീട് വെക്കണമെന്ന സങ്കല്പം ഇട കുഞ്ഞെ വീട് വയ്ക്കണമെന്ന സങ്കല്പം ആണ് മനസ്സ് അത് പിന്നെ മനസ്സിനാണോ എന്ന് ചോദിച്ചാൽ ആ മനസ്സാർക്കാണ് അതാണ് ചോദ്യം അപ്പൊ വീട് വയ്ക്കണമെന്ന സങ്കല്പം എനിക്കാണ് അതാ മനസ്സിനാണോ ഞാൻ സ്വീകരിച്ചാൽ വീട് വയ്ക്കണം എന്ന സങ്കല്പമുണ്ട് അതായത് മനസ്സുണ്ട് ഇങ്ങനെ ഓരോ സങ്കല്പം എടുത്തു നോക്കുക ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ വീട് വയ്ക്കണമെന്ന സങ്കല്പുണ്ട് ഞാൻ ഉപേക്ഷിച്ചാൽ പോയി ആ വീട് വയ്ക്കണമെന്ന സങ്കല്പം കുറേ നാളത്തേക്ക് എനിക്ക് വേണ്ട ഞാൻ മനസ്സിനെ തള്ളി ഇങ്ങനെ ഏതിനെ ആ തള്ളാൻ വയ്യാത്തത് അവിടെയൊക്കെയാണ് ഈ ഞാനിനെ ഒന്ന് ബലപ്പെടുത്തുക ആ ഞാൻ സങ്കല്പിച്ചാൽ നടക്കുന്നു ഞാൻ സങ്കല്പിച്ചില്ലെങ്കിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാമല്ലോ പക്ഷെ എന്ത് ചെയ്യാം മനസ്സിൻ്റെ അടിമയായിപ്പോയി ഞാൻ തത്വവിചാരമില്ലാത്തതുകൊണ്ടും സാധനാനുഷ്ഠാനങ്ങളില്ലാത്തതുകൊണ്ടും ഞാൻ തികച്ചും മനസ്സിന്റെ അടിമയായിപ്പോയി അല്ലാതെ മനസ്സല്ലിവിടെ ഒന്നും ചെയ്യുന്നതും ഞാൻ അനുവദിച്ചില്ലെങ്കിൽ മനസ്സനങ്ങില്ല ഒന്നും സങ്കല്പിക്കില്ല കോപം വരുന്നു സാർ കോപം മനസ്സല്ലേ മനസ്സിനല്ലേ സാർ കോപം വരുന്നത് ഏ കോപത്തെയൊക്കെ കൂടെ ചേർത്താണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ആർക്ക കോപത്തിനാണോ കോപം എന്നത് എനിക്കല്ലേ കോപം എന്നത് ഞാൻ കോപിച്ചു എന്നല്ലേ എനിക്ക് കഴിവുണ്ടെങ്കിൽ കോപിക്കാതിരിക്കാം അപ്പോൾ ഞാൻ എത്ര പേര് എന്നോട് തന്നെ വന്ന് പറയാറുണ്ട് സാറും സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം പണ്ടൊക്കെ ഞാൻ ദിവസം നാലും അഞ്ചും പ്രാവശ്യം വീട്ടിൽ കോപിക്കുമായിരുന്നു ഇപ്പം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കോപിക്കുന്നുള്ളൂ ബാക്കി കോപമൊക്കെ എന്നെ വിട്ടുപോയി എന്നെ അതും കൂടെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടക്കും എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട് കോപമൊന്നും ഞാനല്ല ഞാൻ ശുദ്ധസ്വതന്ത്ര ബോധം ബോധം കോപിച്ചു കോപിച്ചൊക്കെ അതിപ്പോ കോപ് മാത്രം ചിലർക്ക് ക്രിക്കറ്റ് കാണണം എന്നൊരു ക്രിക്കറ്റ് കാണണം എന്നുള്ളത് ഞാനാണോ പക്ഷെ കണ്ട് കണ്ട് ഇപ്പൊ ക്രിക്കറ്റ് ഉണ്ട് ക്രിക്കറ്റ് കാണാതിരിക്കാൻ സാധ്യമല്ല എന്ന് വെച്ചാൽ ഞാൻ ക്രിക്കറ്റാണോ ഞാൻ ക്രിക്കറ്റ് കളിയാണോ ശീലിച്ച് ശീലിച്ചോരോ സങ്കല്പങ്ങളും ഓരോ വാസനകളും ശീലിച്ച് ശീലിച്ച് വശത്താക്കി അവയ്ക്ക് അടിമയായിത്തീർന്നു ഞാൻ ആ അടിമത്വം മാറ്റിയെടുക്കുക അതാണ് കൃഷ്ണൻ ഒക്കെ നീ നിന്നെ ഉദ്ധരിക്ക അത് മറ്റാർക്കും ഉപദേശം കൊണ്ടൊന്നും സാധിക്കില്ല വാസ്തവത്തെ ദയനീയമാണ് ചിലരിവിടെ വന്ന് പറയാറുണ്ട് മനസ്സുവല്ലാത്ത ഭയം ഒരു കുഞ്ഞ് കുട്ടി പള്ളിക്കൂടത്തിൽ അന്ന് സ്വസ്ഥമായി വീട്ടിൽ ഇരിക്കാൻ വരുത്തിയില്ലെങ്കിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും കുട്ടി പൊള്ളിക്കൊടുക്കിന്ന് തിരിച്ചു വരുന്നത് വരെ വലിയ വെപ്രഅളവാണ് വെപ്രഅളം പിന്നെ അഞ്ച് മണിക്ക് മറ്റോ വീട്ടിലെത്തിയില്ലെങ്കിൽ ഇറങ്ങി മടക്കുകയാണ് കുട്ടി അന്വേഷിച്ചു എന്താ ഇത് എന്താ ഞാൻ ഭയത്തിനടിമയായിപ്പോയി അടിമ അത് ഞാൻ ആരെന്ന് ചിന്തിച്ചില്ല ജഗത്തെന്തെന്ന് ചിന്തിച്ചില്ല അപ്പോൾ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ മനസ്സെന്ന് പറയുന്ന ഘടകങ്ങൾ ഓരോന്നായിട്ട് എടുത്തു നോക്കുക സങ്കല്പങ്ങളും വികാരങ്ങളും അതുകൊണ്ടാണ് ഈ സങ്കല്പനിരോധം വികാരങ്ങളെപ്പോൾ ശമം ദമം ഒക്കെ പറയുന്നത് ദമം എന്നാൽ ഈ സങ്കല്പങ്ങളെ ഒന്ന് നടക്കുക ശമം കാമക്കോസാദി വികാരങ്ങളെ ഒന്ന് ശമിപ്പിക്കുക ഇതൊക്കെ ഈ ഞാനിനൊരു ഒരു ഒരു ദൃഢബുദ്ധി ദൃഢതയുണ്ടെങ്കിൽ എന്താ ഞാൻ ഇന്നു മുതൽ കോപിക്കില്ല പക്ഷെ അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്താലും നടക്കില്ല ഒരുപാട് കോപിച്ചു കോപിച്ച് ശീലിച്ച് ശീലിച്ചിപ്പോ കോപം ഞാൻ അറിയാതെ എന്ന് കയറി വരികയാണേ ചില ശത്രുക്കൾ വീട്ടിൽ കയറി വന്നാൽ കഴിക്കുന്നില്ലേ അതുപോലെ ഈ കോപവും മറ്റും നമ്മൾ നമ്മുടെ പിടിയിൽ നിൽക്കാതെ കയറി വരുകയാണ് പക്ഷെ കുറച്ച് ദിവസമൊക്കെ ആ കോപത്തെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ എന്താണെന്നറിയാമോ ചില കള്ളന്മാർ അവിടുന്ന് വരുമ്പം തന്നെ നമുക്ക് പിടികിട്ടും അതുപോലെ ഈ കോപം അവിടുന്ന് വരും അതോ അതോ വരുന്നു അത് അല്ലേ വേണ്ട വേണ്ട ഇങ്ങോട്ട് വരണ്ട നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു ഇനി നീ വരണ്ട എന്ന് തീർത്ത് പറയാൻ കഴിയും ഞാനാണ് കോപിക്കുന്നത് ഞാനാണ് കാമിക്കുന്നത് ഞാനിതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയല്ലോ ആ നിയന്ത്രണം ഇന്നില്ല ആർക്കും ഞാനിനെ അറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ പല രമണ മഹർഷി പോലെയുള്ള ആളുകൾ പറയുന്ന ഞാനിനെ അറിയൂ നിങ്ങൾ ഈ കോപവും കാമവും ഒന്നുമല്ല അതൊക്കെ താൽക്കാലം നിങ്ങളിലേക്ക് കയറി വരുന്ന ചില ഏർപ്പാടുകളാണ് അപ്പോൾ മനസ്സ് ഞാനല്ല മനസ്സ് ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ട് മനസ്സുണ്ട് ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ മനസ്സില്ല മനസ്സ് പോയാൽ പ്രപഞ്ചവുമില്ല അല്ല സാർ അതൊക്കെ സമ്മതിക്കാം ഈ പ്രാണനോ പ്രാണൻ ഞാൻ അംഗീകരിക്കുന്നത് ഉള്ളത് തീർച്ചയായും ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാണനില്ല പ്രാണൻ ബോധത്തിൽ സ്പന്ദനം സാധ്യമല്ല വാസ്തുത്തിൽ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ് സ്പന്ദനം ഒരു ഭ്രമമാണ് ചലനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ബോധത്തിൽ സ്പന്ദനം ഇല്ല എങ്ങനെ അറിയാം ഈ ആളുകൾ ഇനി പ്രാണായാമപ്രക്രിയ സർവത്ര പ്രചാരത്തിലാണല്ലോ പ്രാണായാമപ്രക്രിയയാണ് േറ്റവും വലിയ പ്രക്രിയ എന്നുവരെ പലരും കരുതുന്നുണ്ടല്ലോ എന്തിനായി പ്രാണായാമം ഈ പ്രാണനിരോധം സങ്കല്പനിരോധം പോലെ തന്നെ പ്രാണന നിരോധിക്കാം ബോധപൂർവം ബോധപൂർവം പ്രാണന നിരോധിക്കാം വാസ്തവത്തിൽ ഈ പ്രാണായാമം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എല്ലാം ഈശ്വരനോയം എന്ന ഉറപ്പ് മനസ്സിന് ഗാഠമായി ഉണ്ടാകുമെങ്കിൽ നമുക്ക് വളരെ നേരം ആ ഉറപ്പങ്ങോട്ടുറപ്പായാൽ പ്രാണൻ വരെ നിരോധിക്കപ്പെടും അത്യന്തം ശാന്തമായ പ്രസന്നമായ ശീതളമായ ഒരനുഭവത്തിൽ നാം അറിയാതെ മുഴുകി എത്രയോ നേരം ഇരുന്നു പോവും ഈ കാമക്രോധങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അതായത് കൃഷ്ണൻ പറയുന്നത് പോലെ രാഗദ്വേഷങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് സ്വയം വിചാരം കൊണ്ട് തന്നെ നിയന്ത്രിച്ചാലും മനസ്സ് പ്രാണസ്പന്ദനവും മനസ്സും റിലേറ്റീവാണ് റിലേറ്റീവ് പ്രാണസ്പന്ദനമുണ്ടോ മനസ്സുണ്ട് മനസ്സുണ്ടോ പ്രാണസ്പന്ദനമുണ്ട് ഇതിലൊന്നിനെ നിരോധിച്ചാൽ മറ്റേതും നിരോധിക്കപ്പെടും വിത്തുണ്ടെങ്കിൽ വൃക്ഷമുണ്ട് വൃക്ഷമുണ്ടെങ്കിൽ വിത്തുണ്ട് ഇതൊന്നും ഇല്ലാതായാൽ മറ്റേതും ഇല്ലാതാവും അതുപോലെ സാപേക്ഷ ഘടകങ്ങളാണ് ചിത്തവും പ്രാണനും അപ്പോ പ്രാണന നിരോധിച്ചാൽ ചിത്തം നിരോധിക്കപ്പെടും ചിത്തം നിരോധിച്ചാൽ പ്രാണൻ നിരോധിക്കപ്പെടും അങ്ങനെ ചിത്തത്തെ എങ്ങനെയാ നിരോധിക്കുക ഈ വിചാരങ്ങൾ സർവവും ഒന്നാണ് എന്ന് ചിത്തത്തിന് പൂർണ്ണമായും ഭേദബുദ്ധി രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ചിത്തം സ്വയം നിരോധിതമാവും നിരോധിക്കപ്പെടും ആ ചിത്തം സമാധി സമാധിസുഖം അന്തശീതളത അനുഭവിക്കും അപ്പൊ പ്രാണൻ സ്പന്ദിക്കുകയില്ല അങ്ങനെ ഈ പ്രാണസ്പന്ദ നിരോധവും ചിത്തനിരോധവും പൂർണമായി നേടി പിന്നെ എന്തു ബാക്കി നിൽക്കും ശുദ്ധബോധം ആ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ് നിർവൃതി നിർവൃതി എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് ഈ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ് ആ ശുദ്ധബോധം അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രാണനില്ല മനസ്സില്ല പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ല ഭാഗവതം പറയുന്നു മതത്ര കാലോ അനിമിഷാം പരപ്രഭു അവിടെ കാലമില്ല ദേവന്മാരുടെയൊക്കെ പ്രഭുവായ കാലം എങ്ങോ പോയി മറഞ്ഞു ഇത് ഭാഗവതമാണ് ബ്രഹ്മാനുഭവത്തെ വിവരിക്കുന്ന ശ്ലോകമാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെയാണ് ഭാഗവതം ഭക്തിയുടെ പുസ്തകമാണെന്നൊക്കെ പറയുന്ന പുസ്തകം എത്രയേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിത അവിദ്യയാത്മനികൃത്തെ ഇതി തദ്ദർശനം ഭാഗവതം എത്രയേ സദസദ്രൂപേ ജീവഭാവവും ജഡ്ഭാവവും അന്തിമമായി ജീവഭാവവും ഞാനെന്ന ജീവഭാവവും നിഷേധിക്കണം എന്നുവെച്ചാൽ അത് ഞാൻ എന്ന ശബ്ദത്തിൽ നിലനിൽക്കുന്നതാണ് എത്രയുമേ സദസൂപേ ജടവും ജീവനും പ്രതിഷിദ്ധേ സ്വസംവിധ ബോധം കൊണ്ട് അവയെ നിഷേധിച്ചു തള്ളണം അതെങ്ങനെ തള്ളാൻ കഴിയുന്നില്ല അവിദ്യയാ ആത്മനീകൃതയെ അജ്ഞാനം കൊണ്ട് ശുദ്ധബോധത്തിൽ ഉണ്ടെന്നു തോന്നിയ ഭ്രമങ്ങളാണ് ജീവഭാവവും ജഡ്ഭാവവും അജ്ഞാനം കൊണ്ട് ബോധത്തിലുണ്ടെന്നു തോന്നിയ അവിദ്യാരൂപങ്ങൾ അവിദ്യയാത്മനീകൃത്തതയെ പിന്നെ എന്ത് ഇത് ബ്രഹ്മദർശനം അവിടെയാണ് ശുദ്ധബോധം ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയും ഓ അങ്ങനെ ബ്രഹ്മത്തെ ദർശിച്ചാൽ അവിടെ എന്താ അനുഭവം നത്രത്ര കാലോ അനിമിഷാം പരപ്രഭു അവിടെ കാലമില്ല നത്രത്ര ദേവാ ജഗതാം ജയീശ്വരേ അവിടെ ദേവന്മാരാരും ഇല്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെയുള്ള ദേവന്മാരാരും അവിടെയില്ല മായയുണ്ടോ ന തത്ര സത്വം നരജസ്തമശ്ച മായയുടെ കണിക പോലുമില്ല സത്വമില്ല രജസുമില്ല തമസുമില്ല നത്രത്ര സത്വം നരജസ്തമശ്ച വൈ മഹാൻ പ്രാണനുമില്ല കാണേ മഹാൻ വെച്ചാൽ പ്രാണൻ നവയി മഹാൻ നവയി വികാരോ മനസ്സില്ല അവിടെ മനസ്സില്ല നവയി മഹാൻ പ്രധാനം പ്രകൃതിയില്ല മായ പ്രകൃതി പൂർണ്ണമായും മാറുന്നു അവിടെ ബ്രഹ്മം മാത്രം ഈ ബ്രഹ്മത്തെ കണ്ടിട്ട് സമാധിദിശയിൽ കണ്ടിട്ട് തിരിച്ച് ശരീരത്തിലേക്കെന്നു വെച്ചാൽ ഈ ശരീരം ഇരിക്കുന്നിടത്തോളം മായാനിർമ്മമായ ശരീരത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും വിധാന ദശ എന്ന് പറയും സമാധി ദശ വിധാനം ഈ വിധാനാവസ്ഥയിൽ പ്രാണൻ മനസ്സുൾപ്പെടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ഇല്ലെന്നനുഭവം എന്തുകൊണ്ട് പരമസത്യത്തിലെത്തിയപ്പോ കാണാനേ ഇല്ല എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ഒരു നിശ്ചയുമില്ല കാണാനേയില്ല അതാണ് നമ്മൾ പറയാറില്ലേ ഇതുപോലെ മരുഭൂമിയിൽ കാനൽ ജലം കണ്ടു ഒരാൾ നടന്നു നോക്കി സർവത്ര നടന്നു നോക്കിയിട്ട് അവിടെ നിന്നും ഒരു തുള്ളിവെള്ളം പോലും കാണാനില്ല വീണ്ടും മരുഭൂമിയുടെ ഒരറ്റത്ത് വന്നതെന്ന് നോക്കി വീണ്ടും അലയടിക്കുന്നതായി തോന്നൽ പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവമോ ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല അലയടിക്കുന്നതായി കാണുമ്പോഴും അവിടെയൊന്നും ഒരു തുള്ളി വെള്ളവും ഇല്ല എന്നാണ് അനുഭവം അതുപോലെയാണ് ഒരു ജീവൻ മുക്തനും പരമസത്യം സമാധി ദശയിൽ പൂർണ്ണമായി അനുഭവിച്ച് സമാധിന്നൊന്നും കേട്ടാൽ പേടിക്കരുത് എല്ലാം ഒന്നാണ് എന്നുറപ്പിച്ച് മനസ്സിലാ ഉറപ്പ് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കാമെങ്കിൽ വലിയ പ്രാണായാമോ വലിയ ആയാസമോ ഒന്നും കൂടാതെ ഈ സമാധി അനുഭവിക്കാം അനുഭവിച്ച് വീണ്ടും ശരീര ബോധത്തിലേക്ക് കടന്നുവരുമ്പോ ഈ പ്രപഞ്ചമുള്ളതായി തോന്നും ആ സമാധി പ്രപഞ്ചമില്ല മായ പോലുമില്ല പക്ഷെ വീണ്ടും എന്തൊക്കെ തോന്നിയാലും അനുഭവം മരണവുമില്ല ഉറപ്പുമില്ല ഗുരുദേവൻ പറയുന്ന അനുഭവം മരണവുമില്ല ഉറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവില മറന്ന മരീച്ച നീരുപോൾ നെൽപ്പൊരു പൊരുളാംരുളല്ല ഇതാണ് അനുഭവം ഇതാണ് ഒരു ജീവൻ മുക്തന്റെ ലോകവ്യവഹാരവേളയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ഇല്ല ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും പിടികിട്ടില്ല കാരണം മരുഭൂമിയിൽ നടന്നു നോക്കാത്ത ഒരാളിനോട് എത്രണ്ട് അറിവുള്ളയാൾ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാലും ഞാൻ കാണുന്നില്ലേ അവിടെ ഒരു ഒരു സരസലയടിക്കുന്നതായി ഞാൻ കാണുന്നു പിന്നെ നിങ്ങളില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോ ബോധം നമ്മിലുള്ള ഈ കൊച്ചു ബോധം തൽക്കാലം ചെറിയ ബോധം എന്ന് നമുക്ക് തോന്നുന്നു ബോധമില്ലയോ ഒന്നുമില്ല ഇനിയും നമുക്ക് പ്രപഞ്ചഘടകങ്ങളിലേക്ക് കടന്നതെല്ലാം പ്രപഞ്ചഘടകങ്ങളെല്ലാം എല്ലാം കർമ്മം ചെയ്യുന്നവയാണ് ആചാര്യസ്വാമികൾ പറയുന്നു കർമ്മം എവിടെ കാണുന്നുവോ അതിൻ്റെ പിന്നിൽ ഒന്നുകിൽ ഈ നിയമം ഭൗതികശാസ്ത്രജ്ഞന്മാരെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരോടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയും ഒന്നുകിൽ കർമ്മം ചെയ്യുന്ന വസ്തുവിൽ അല്ലെങ്കിൽ വസ്തുവിന് പുറത്ത് ആ കർമ്മത്തിന് രൂപം കൊടുത്ത സങ്കൽപ്പം ഉണ്ടായേ പറ്റൂ എവിടെ കർമ്മം കണ്ടാലും ആ സങ്കൽപ്പം വേണമോ ബോധത്തിലെ സങ്കല്പം ഉദയം ചെയ്യൂ സങ്കൽപ്പമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബോധമുണ്ടായേ പറ്റൂ എന്താ വായു ചലിക്കുന്നു ഒന്നുകിൽ ആ ചലനരൂപിയായ വായുവിൽ തന്നെ ബോധം നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയോ അതിനെ ചലിപ്പിക്കുന്ന ബോധമുണ്ടായേ പറ്റൂ എവിടെയോ ഒന്നല്ല ബോധം സർവവ്യാപിയാണ് സർവവ്യാപി സൂര്യൻ ചലിക്കുന്നു അതെ സൂര്യൻ കറങ്ങുന്നു കറങ്ങുന്നുണ്ടെങ്കിൽ കറങ്ങണം എന്ന സങ്കല്പം സൂര്യനിൽ വേണം ആ സങ്കല്പം വരണമെങ്കിൽ ബോധം വേണം ബോധം സങ്കൽപ്പം കർമ്മം ആരോ വേണോ പരീക്ഷിച്ചു നോക്കട്ടെ ഇതൊക്കെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിലും മറ്റും ഗംഭീരമായി വിവരിക്കുന്ന കാര്യങ്ങളാണ് ചിലർക്ക് സംശയമുണ്ട് ബോധമില്ലാതെ കർമ്മം ചെയ്യുന്നല്ലോ സാർ ഒരു ക്ലോക്ക് അതിന്റെ സൂചി കറങ്ങുന്നു കൃത്യമായി ആ സൂചിക്ക് ബോധമുണ്ടോ സാർ അതാണ് അതൊക്കെ നല്ലതെണ്ണം അറിയുന്നവരാണ് ശങ്കരനും മറ്റും അതാണ് ശങ്കരൻ പറഞ്ഞത് ഒന്നുകിൽ കറങ്ങുന്ന വസ്തുവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അല്പം അകലെ എവിടെയോ ആ കർമ്മത്തിന് രൂപം കൊടുത്ത സങ്കല്പം ഉണ്ടായേ കറക്കം നടക്കൂ ഈ ക്ലാക്കിന്റെ സൂചി കറങ്ങണം എന്നൽപ്പം ദൂരെ ബോധം സങ്കൽപ്പിച്ചു അതുകൊണ്ടാണ് ക്ലാക്കിൻ്റെ സൂചി കറങ്ങുന്നതില്ലെങ്കിൽ കറങ്ങില്ല അതുപോലെ ഒരു പമ്പരം കറങ്ങുന്നൂറും ആ പമ്പരത്തിൽ സങ്കല്പമുണ്ടോ സാർ അത് പമ്പരത്തിൽ വേണ്ട പക്ഷേ പമ്പരത്തെ കറക്കിയ ഒരു സങ്കല്പവും അതിന്റെ പിന്നിൽ ബോധവും ഉണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ പമ്പരം കറങ്ങുകയല്ല നിശ്ചയമായ ഇതാണ് എല്ലാത്തിനും ഈ ബോധമാണല്ലോ ദൈവം ഈശ്വരൻ ഈശ്വരനുണ്ടായ ഒരു ശക്തിസ്പന്ദനം പോലും ഇവിടെ നടക്കും കർമ്മം കർമ്മത്തിന് പിന്നിൽ സങ്കല്പം ബോധം ഇതാണ് നിയമം ഒന്നുകിൽ കർമ്മം ചെയ്യുന്ന വസ്തുവിൽ സങ്കല്പവും ബോധവും വേണം അല്ലെങ്കിൽ ആ കർമ്മത്തെ ഇത്ര സമയം നടന്നോട്ടെ എന്ന് പറഞ്ഞ് രൂപം കൊടുത്തിളക്കിവിട്ട സങ്കല്പവും ബോധവും വേറൊരിടത്തും ഉണ്ടാവും വേറെ ഒരിടത്തു സ്ഥലത്തും നിറഞ്ഞ നിപ്പുണ്ടേ അതൊക്കെ ശരി സാർ ഉള്ളിലുള്ള ബോധവും വായുവിലുള്ള ബോധവും നമ്മിലുള്ള ബോധവുമൊക്കെ ഒന്നാണെന്ന് ഈ അങ്ങനെ തീരുമാനിക്കാൻ കഴിയും അതൊക്കെ അജ്ഞതയുടെ ചോദ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായ ഒരൊറ്റ ഘടകവുമില്ല ഒരു ഘടകവും എല്ലാം സാപേക്ഷമാണ് റിലേറ്റീവ് റിലേറ്റീവ് ഐൻസ്റ്റീനൊക്കെ ഈടെ കണ്ടുപിടിച്ചതല്ലേ കാലദേശങ്ങൾ പോലും റിലേറ്റീവ് റിലേറ്റീവ് എന്ന് പറയുമ്പോഴത്തായി എല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഇപ്പൊ പഞ്ചഭൂതങ്ങളില്ലാതെ നമ്മുടെ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയും നമ്മളെ ശരീരമൊക്കെ എന്താ പഞ്ചഭൂതങ്ങൾ ആകാശം വായു തേജസ് വെള്ളം ആ പഞ്ചഭൂതങ്ങളിൽ ബോധമില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ ബോധമുണ്ടാവാൻ പറ്റുമോ പഞ്ചഭൂതങ്ങളില് ബോധം തന്നെയാണ് നമ്മിലേക്ക് കടന്നു നിൽക്കുന്നത് നമ്മ രൂപപ്പെടുത്തിയ പഞ്ചഭൂതങ്ങളിൽ ബോധം വെച്ച ബ്രഹ്മം ഈശ്വരൻ അതും കൂടെ എപ്പോഴും ഓർമ്മിച്ചോടുക ബോധം ഒന്നു കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട അതാണ് ഈശാവാസ്യനിതം സർവം എന്നുപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏതിനെങ്കിലും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുമോ സ്വതന്ത്രമാകാശം ഇല്ലാതെ വായു വായുവില്ലാതെ തേജസ് തേജസ്സില്ലാതെ വെള്ളം വെള്ളമില്ലാതെ ഭൂമി നിൽക്കുമോ എവിടെയെങ്കിലും ഒക്കെ പരസ്പരം ചേർന്നതാണേ ആ പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതത്തിൽ ബോധമില്ലെങ്കിൽ അവ ചേർന്നുണ്ടായ നമ്മുടെ ശരീരത്തിൽ എവിടെ ബോധം വരാം അപ്പം നമ്മിലുള്ള ബോധം പഞ്ചഭൂതങ്ങളിലുള്ള ബോധമാണ് അതിനെ ഒന്ന് വിക വികസിപ്പിച്ചാൽ മനസ്സിലാകുമെന്ന് പക്ഷെ നമ്മളാരും അത് വികസിപ്പിക്കാൻ തയ്യാറില്ല സൂര്യനിൽ ബോധമുണ്ടെങ്കിൽ ആ ബോധം പ്രപഞ്ചത്തിനാകെയുള്ള ബോധത്തിന്റെ ഒരു ഭാഗമാണ് ജാൽ സൂര്യൻ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടു സൂര്യൻ സാധ്യമല്ല ഒരിക്കലും അങ്ങനെ ഇവിടെ ഒരു ശക്തിസ്പന്ദനത്തിന് പോലും സ്വാതന്ത്ര്യമില്ല എല്ലാം റിലേറ്റീവ് റിലേറ്റീവ് കോൺഷ്യസ്നെസ് ആണ് ഇപ്പം തമ്മിലൊക്കെ ഉള്ളത് അതെവിടുന്ന് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിലേ ഈ റിലേറ്റീവ് കോൺഷ്യസിനെസ് സാധ്യമാവും നമ്മുടെ റിലേറ്റിവിറ്റി നമ്മുടെ സാപേക്ഷത്വം നമ്മൾ വികസിപ്പിക്കുമെങ്കിൽ അത് പ്രപഞ്ചത്തിലെ മുഴുവൻ ബോധമായി വികസിക്കും നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ബോധം രാഗദ്വേഷങ്ങൾ പോയി വികസിക്കുമെങ്കിൽ സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഉള്ള ബോധം ഞാനാണ് എന്നനുഭവിക്കാറാവും അതുകൊണ്ടാണ് കൃഷ്ണൻ പതിനഞ്ചാം അധ്യായത്തിൽ മറ്റും പറയുന്നത് അർജുന സൂര്യനായി പ്രകാശിക്കുന്നത് ഞാൻ തന്നെ കൃഷ്ണൻ ഈ പറഞ്ഞത് സ്വാമി രാമതീർത്ഥൻ അമേരിക്കയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് രാമനാണ് സൂര്യനായി പ്രകാശിക്കുന്നത് നമുക്കൊക്കെ തലയ്ക്ക് നല്ല സുഖമില്ലയോന്ന് സംശയം തോന്നുന്നു എന്തായാലും രാമന് ഈ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിനെ സാക്ഷാത്കരിച്ചു അപ്പോൾ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ഞാനെന്ന് അദ്ദേഹത്തിന് അനുഭവം എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ഞാനെങ്കിൽ അതാണല്ലോ സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് അതാണല്ലോ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് ഇതിൽ പ്രയാസമൊന്നുമില്ല പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ഞാൻ അല്പമൊന്ന് മനസ്സേകാഗ്രപ്പെട്ടാൽ സ്റ്റാനീക്കുച്ച് ശരീരമാണെന്നുള്ള ചിന്ത വിട്ടിട്ട് എങ്കും നിറ എന്തും ഇവിടെയൊക്കെ ബോധം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബോധമല്ലേ ഞാനും എൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധം ഈ ശരീരത്തിൻ്റെ ലിമിറ്റേഷൻ ഒന്ന് ഭേദിക്കാൻ കഴിയുമെങ്കിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം അതാണ് ഗുരുദേവനും മറ്റും ആത്മാപദേശത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്ത് അറിഞ്ഞിടുന്നവന്റെ ശരീരത്തിലും വ്യാപിച്ച് പുറത്തുജലിക്കും പുറത്ത് സർവത്ര ഉജ്വലിക്കുന്ന കരുവിന് ഗുരുദേവനൊക്കെ അത് വ്യക്തമായി അനുഭവിച്ചു നമ്മുടെ മനസ്സ് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കാമെങ്കിൽ ബോധം നമ്മുടെ ശരീരത്തിന്റെ അതിർത്തിയെ ലംഘിച്ച് പുറത്തു വ്യാപിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് എന്നനുഭവിക്കും ഇപ്പൊ ഈ ശരീരം ഞാനാണെന്നുള്ള ചിന്ത അങ്ങോട്ട് വിടാൻ നമുക്ക് കഴിയുന്നില്ല രാഗദ്വേഷങ്ങൾ വിടാൻ കഴിയുന്നില്ല ഇത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ പറയുന്നു യഥാ ഭൂതപൃഥാവം ഏകസ്വമനുപശ്യറ്റി തതയെ വെച്ച വിസ്താരം ബ്രഹ്മ ബോധം എന്ന് വെച്ചാൽ ബ്രഹ്മം സമ്പദ്യത്തെ തഥ എപ്പോഴാണോ ഈ ശുദ്ധമായ ബോധത്തെ നമ്മുടെ സങ്കല്പങ്ങൾ പോയാൽ ശുദ്ധബോധം ആ അബ്സല്യൂട്ട് ബോധത്തെ ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോ ആ ബോധം അവിടെ ഇരുന്നു കൊണ്ട് വിസ്താരം സമ്പദ്യത്തെ എല്ലായിടത്തും നിറയും അങ്ങനെ നിറയുവെങ്കിൽ ഞാൻ ആ ബോധമാണ് അങ്ങനെ നിറയുവെങ്കിൽ പിന്നെന്താ അനുഭവം ഞാൻ ഈ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് അങ്ങനെയാണെങ്കിൽ എന്നിലാണല്ലോ സൂര്യൻ പ്രകാശിക്കുന്നത് എന്നിലാണ് വായു ചലിക്കുന്നത് കൃഷ്ണൻ ഇതൊക്കെ പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ അതൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ഏയ് കൃഷ്ണൻ എന്തൊക്കെയോ പ്രാ എന്ത് പറയുന്നു രാമാവശ്യജ ഭൂതാനി ധാരോജ അർജുന ഭൂമിയിൽ പ്രവേശിച്ച് ഞാനാണ് ഈ ജീവജാലങ്ങളെയൊക്കെ ബോധമുള്ളവരാക്കി തീർക്കുന്നതും പോഷിപ്പിച്ചു പോരുന്നതും പതിനഞ്ചാം അധ്യായമൊക്കെ വായിച്ചു നോക്കുക അങ്ങനെ വന്നാൽ അപ്പോഴാണ് വിരാട് രൂപം എന്ത് ഗംഭീരമായ തത്വദർശനമാണ് അതെന്നറിയാമോ പതിനൊന്നാം അധ്യായത്തിൽ വിരാട് രൂപം ഭഗവാൻ പ്രദർശിപ്പിക്കുന്നു അർജുനന് ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണാനൊക്കില്ല കാരണം നിന്റെ കണ്ണ് നിന്റെ കണ്ണും ചെറിയുമൊക്കെ ഞാൻ ഈ ശരീരമാണ് എന്ന ചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ള കണ്ണുകൊണ്ടൊന്നും എന്റെ വിരാട് രൂപം കാണാനൊക്കില്ല ദിവ്യം ദദാമി തേ ചുഹോ ചരാഗദ്വേഷങ്ങളൊക്കെ പോയി അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിന് അനുഭവിക്കുവാനുള്ള ആ ഒരു ഏകാഗ്ര ദൃഷ്ടി ഞാൻ തൽക്കാലം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആ ഏകാഗ്ര ദൃഷ്ടി ഉണ്ടെങ്കിലേ ഇത് അനുഭവപ്പെടുവോ എന്നർത്ഥം നിനക്ക് ദിവ്യമായ കണ്ണ് തരാം നോക്കിക്കോ അപ്പൊ കൃഷ്ണനെ നോക്കി കൃഷ്ണനെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രതിഭാസിക്കുന്ന ഈ കൊച്ചു ഞാനാണ് കൃഷ്ണൻ വെക്കുക ആ ഞാനിന്ന് ഈ കണ്ണ് വിട്ട് വേണം രാഗദ്വേഷങ്ങളൊക്കെ പോയി ആ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിനെ അനുഭവിക്കാനുള്ള കണ്ണും പിന്നെ എന്താ അനുഭവം പ്രപഞ്ചം മുഴുവൻ എന്നിൽ ഒരേ സ്ഥലത്ത് ഒരേ പോയിന്റിൽ ഒരേ സമയത്ത് സമയവും ഒക്കെ പോയി സമയമൊക്കെ ചുരുങ്ങി ഐൻസ്റ്റീൻ പറയുന്നു എന്നിലാണ് സമയവും ഒക്കെ സമയമൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ ഐൻസ്റ്റീൻ പറയുന്നുണ്ട് കാലം ചുരുങ്ങിയാൽ ദേശം ചുരുങ്ങും ദേശം ചുരുങ്ങിയാൽ കാലം ചുരുങ്ങും രണ്ടും ചുരുങ്ങി ചുരുങ്ങി ഒരു പോയിന്റിൽ എത്തുകയാണെങ്കിലോ ആ ഒരു പോയിന്റാണ് ശുദ്ധബോധം അവിടെ എത്തിയാൽ പിന്നെ എന്താ അനുഭവം സർവപ്രപഞ്ചഘടകങ്ങളും ഒരേ സമയത്ത് എന്നിൽ ഉണ്ടായി മറയുന്നു ഇതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ അത്ഭുതം തോന്നും വിശ്വരൂപദർശനത്തിൽ ഗീതയിൽ അർജുനൻ ഇതാണ് കാണുന്നത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് സകല പ്രപഞ്ചഘടകങ്ങളും ഉണ്ടായി മറയുന്നു തത്രൈകസ്തം ജഗത്കൃസ്നം ഈ അനന്തോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഏകസ്തം ഒരേ കൃഷ്ണശരീരത്തിൽ കൃഷ്ണൻ ഈ കൊച്ചു ഞാൻ അതൊന്ന് വികസിച്ചു പത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകഥ അപശ്യ ദേവദേവസ്വ ശരീരേ പാണ്ഡവസ്ഥത പാണ്ഡവൻ കണ്ടു ഇത് വെറും ഭാവനയൊന്നുമല്ല പ്രാണസാക്ഷാത്കാരത്തോടുകൂടി ഏത് യോഗിക്കും അനുഭവിക്കാവുന്ന കാര്യം ടാഗോർ പോലും കുറച്ച് ദിവസത്തേക്ക് ഇത് അനുഭവിച്ചു എന്നാണ് അദ്ദേഹത്തിനും അല്ലേ അദ്വൈതജ്ഞാനമൊന്നുമില്ലായിരുന്നു പക്ഷെ മനസ്സ് ഒരു കവി ഹൃദയമല്ലേ ഒന്ന് ഏകാഗ്രപ്പെട്ടു ഏകാഗ്രപ്പെട്ടപ്പോൾ കൽക്കട്ടാനഗരത്തിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇത് അനുഭവപ്പെട്ടു എന്നാണ് എന്താ നാല് ഭാഗത്തുമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നിൽ വന്ന് ലയിക്കുന്നു അവിടെ കൂടെ പോകുന്ന കന്നുകാലികളും മൃഗങ്ങളുമെല്ലാം തന്നിൽ വന്ന് ലെവിൽ ലയിക്കുന്നു ഇതാണ് ഉച്ചക്കുണ്ടലിനീ പ്രാണൻ കുറച്ചു നേരത്തേക്കൊന്ന് പ്രസരിച്ചു അപ്പോ എല്ലാം തന്നിൽ പൂർണ്ണ സാക്ഷാത്കാരമൊന്നുമല്ല അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിനെ സാക്ഷാത്കരിച്ചില്ല പ്രാണന്റെ കുറച്ച് ഏകാഗ്രപ്പെട്ട രൂപം ഈ അനുഭവം അദ്ദേഹത്തിന് ഒരാഴ്ച നിലകുന്നു എന്നാണ് ടാഗോറിൻ്റെ ആത്മകഥ റെമിനിസൻസ് വായിച്ചു നോക്കുക അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തൻ്റെ മിസ്റ്റിക് എക്സ്പീരിയൻസ് പ്രകടമാക്കിക്കൊണ്ട് ഗീതാഞ്ജലി എഴുതിയത് അതുകൊണ്ട് അതിന് നോബൽ സമ്മാനമൊക്കെ കിട്ടി പക്ഷെ ആ നോബൽ സമ്മാനം ഒക്കെ ഇപ്പൊ കളവ് പോയി അത് പോകട്ടെ നമുക്ക് പ്രശ്നമല്ല എന്തായാലും അത് അദ്ദേഹം അവിടെ വിവരിക്കുന്നു ഇത് പൂർണ്ണ ബ്രഹ്മസാക്ഷാത്കാരമൊന്നുമല്ല ഇതൊക്കെ ആർക്കും നേടാവുന്നതേയുള്ളൂ അപ്പോ അർജുനന് ഇത് കാണാൻ സാധിച്ചു തത്രേകസ്തം ജഗത്കൃസ് പ്രവിഭക്തമനേകഥ അപശ്യ ദേവദേവസ്വ ശരീരേ പാണ്ഡവസ്തത എന്തിന് നമ്മൾ വെറും കെട്ടുകഥയായിരിക്കും എന്ന് കരുതി തള്ളിക്കളയുന്ന ഭാഗവതത്തിലെ ഉണ്ണിക്കണ്ണന്റെ വാതുറന്ന് യശോദ കണ്ടതെന്താ ഇത് തന്നെ ഈ വിരാട് രൂപം ഉണ്ണിക്കണ്ണന്റെ വാതുറുന്നത് ഉള്ളിലുള്ള ഉണ്ണിക്കണ്ണൻ ആ ഞാൻ ആ ഞാൻ എന്ന കൊച്ചു ബോധം അതിൻ്റെ വായൊന്ന് തുറക്കുക അതിനകത്ത് മണ്ണുണ്ടോ എന്ന് നോക്കുവാൻ നോക്കാൻ വേണമെങ്കിൽ ഒരു കമ്പും എടുത്തുകൊണ്ട് ആ ഉണ്ണിക്കണ്ണന്റെ വായൊന്ന് തുറക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കാണാം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മാത്രമോ ഒടുവിൽ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ വഴി വേണ്ടി നിൽക്കുന്ന തന്നെയും ഉണ്ണിക്കണ്ണനെയും അതിനകത്ത് കണ്ടുകൊണ്ടാണ് നേരം പോക്കല്ലിത് ഇത് ഇത് വെറും ഭാവനയൊന്നുമല്ല ആങ്ങേ അറ്റത്തെ സത്യത്തോടടുപ്പിക്കുന്ന ദർശനങ്ങളാണ് പക്ഷേ പൂർണ്ണ സത്യമല്ല പൂർണ്ണ സത്യം കണ്ട് അവിടെ ഉണ്ണിക്കണനും ഇല്ലേ സൗജന്യമില്ല ഒന്നുമില്ല ആ സത്യം മാത്രം അതിനു മുമ്പ് ഈ ഈ കാഴ്ചകളൊക്കെ ആർക്കും കണ്ടെത്താവുന്നതേ ഉള്ളൂ ബോധം ബോധം വികസിക്കുന്നു ബോധം വികസിക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നല്ലവണ്ണം ആലോചിച്ചുള്ളത് ബോധമില്ലെങ്കിൽ ഏത് സൂര്യൻ ഏത് വിഷ്ണു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബോധമില്ലാത്ത വിഷ്ണു പിന്നെ എന്തിനു നല്ലവണ്ണം ധരിച്ചോളുക ബോധമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ ബ്രഹ്മം മറ്റീശ്വരന്മാരൊക്കെ അതിലെ നാമരൂപങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മളും ഒക്കെ ആ സത്യമാണ് ഒരമീബയും ഇത് വ്യക്തമായി ധരിച്ചാൽ ഒരമീബയും വിഷ്ണുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല പേടിച്ചു പോകരുത് യഥാർത്ഥത്തിലില്ല അമീകയും ബോധത്തിൻ്റെ ഒരു നാമരൂപം വിഷ്ണുവും ബോധത്തിൻ്റെ ഒരു നാമരൂപം ഈ നാമരൂപം ആരുണ്ടാക്കി മായ വിഷ്ണു നാരദനോട് പറയുന്നുണ്ട് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു നാരദനും നാല് കൈയും സംഘചക്രങ്ങളും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നാരദനോട് പറയുന്നു നാരദ എൻ്റെ യഥാർത്ഥരൂപം ഇതൊന്നുമല്ല മായാഹേഷ സൃഷ്ട ഇതൊരു മായ നിന്നെ കാണിക്കാൻ മായാഹ്യേഷ സൃഷ്ട എൻ മാം പശ്യസി നാരദ നാരദ നീ എന്നെ ഈ നിലയിൽ കാണുന്നത് മായ എന്നെ സർവഭൂതഗുണ യുക്തം ദൈവം മാം ഞാതുമർഹസി ഇങ്ങനെ വിഷ്ണുരൂപത്തിൽ ജനിക്കാനും മരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വസ്തുവാണ് ഞാനെന്ന് നീ ഒരിക്കലും കരുതരുത് ഞാൻ ജനനമരണങ്ങളില്ലാത്ത ശുദ്ധ ബോധം അജോ നിത്യശാശ്വതോ എം രാണോ എന്ന് കൃഷ്ണൻ ഗീതയിലാദ്യം തന്നെ പറയുന്ന ആ ബോധം നമ്മളൊക്കെ ആ ബോധമാണ് ആ ബോധമാണ് ഉറപ്പ് വന്നാൽ അവിടെയാണ് നിറൂൃതി അവിടെയാണ് പരമമായ നിറൂപഴ്തി ബുദ്ധിക്ക് തന്നെ ആ ഉറപ്പ് വന്നാൽ മതി ശരീരം ചലിക്കട്ടെ ടകം നിഖിലവും ഈ ബോധമില്ലാതെ ഇവിടെ പ്രാണന്റെ ഒരു സ്പന്ദനം പോലും സാധ്യമല്ല അപ്പോ എന്താണ് പ്രാണസ്പന്ദനം ബോധം എന്തും അത് തന്നെ അത് ബോധമാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോ ചിലർക്ക് പരിഹാസം എന്താ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ബോധമില്ലെങ്കിൽ എന്തുണ്ട് പലരും ചോദിക്കാറുണ്ട് ബോധം ബോധം ഉണ്ടോ സാർ അവരോട് പഞ്ചദശിയിൽ അദ്ദേഹം പറയുന്നു അതെ ബോധമില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമോ ബോധമുണ്ടോ എന്ന് ആരാ ഈ ചോദ്യം ചോദിക്കുന്നത് ബോധമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ബോധം ഒരു ശവശരീരം കിടക്കുന്നു അത് ചോദിക്കുമോ ബോധം എന്താണ് ചോദ്യം ചോദിക്കുമോ ബോധം എന്താണെന്ന് ചോദിക്കുന്നത് ബോധമാണ് അവനവനിൽ ഉണ്ട് ഉണ്ട് എന്ന് വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ബോധം അതുള്ളത് കൊണ്ടാണ് മറ്റെല്ലാം ഉള്ളതായിത്തീരുന്നത് ആചാരിസ്ഥ നമ്മുടെ യദ്ഭാസ ഹൃദയാക്ഷദേഹ വിഷയാഹാന്തി ഹൃദയം ഇന്ദ്രിയങ്ങൾ പ്രാണൻ പുറത്ത് വിഷയങ്ങൾ ൊക്കെ പ്രകാശിക്കുന്ന എന്താ നമ്മുടെ ഉള്ളിൽ ഈ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധമുള്ളത് കൊണ്ട് അതങ്ങോട്ട് മാറി എല്ലാം തീർന്നു ഞാൻ തീർന്നു പ്രപഞ്ചം തീർന്നു പിന്നൊന്നുമില്ല സ്വയം ഉണ്ടെന്നനുഭവിക്കുന്ന ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ ജഡപ്രപഞ്ചത്തിന് അതിനർത്ഥം ആ വസ്തുവിന്റെ തന്നെ ഒരു ഇന്ദ്രജാല പ്രകടനമാണ് പ്രപഞ്ചം എന്തുകൊണ്ട് ആ വസ്തു കൈവിട്ടാൽ ഇതില്ല ഒരൈന്ദ്രജാലികൻ തന്റെ സങ്കല്പങ്ങൾ കൈവിട്ടാൽ ഇന്ദ്രജാലൻ ഇല്ല അതുപോലാണ് അതുകൊണ്ടാണ് ഇതിന്റെ തത്വം ഒരു ശാസ്ത്രജ്ഞനും പുറത്തു നിന്ന് നോക്കി പിടികിട്ടാൻ കഴിയാതെ ക്ലേശിക്കുന്നത് കിട്ടുകയില്ല ഒരു സംശയവുമില്ല ഉള്ളിലേക്ക് നോക്കി ഈന്ദ്രജാലികനെ മനസ്സിലാക്കിയാൽ ഒക്കെ പിടികിട്ടും എന്താ ഐന്ദ്രജാലികൻ്റെ വെറുമിന്ദ്രജാലം ബോധത്തിൽ എന്ന ഐന്ദ്രജാലികൻ്റെ വെറും ഇന്ദ്രജാലം സ്വപ്ന ഇന്ദ്രജാല സദൃശം ഈ പ്രപഞ്ചം ഒന്നുകിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇന്ദ്രജാലം അചിന്ത്യരചനാത്മകം ഇതിന്റെ രചന എങ്ങനെയെന്ന് പുറത്തന്വേഷിക്കുന്ന ആർക്കും ഒരിക്കലും പിടിയിട്ടില്ല അചിന്തിരച്ചാത്മകം ദൃഷ്ടനഷ്ടം അതാണ് സങ്കൽപ്പിച്ചാൽ ഉണ്ട് സങ്കല്പം പോയാൽ ഇല്ല ദൃഷ്ടനഷ്ടം ഉണ്ടെന്ന് തോന്നിയിട്ടില്ലാതാകുന്നു ജഗത് പശ്യൻ അതാണ് ജഗത്ത് ഈ വസ്തുതയെ അറിയുന്ന ആരെങ്കിലും ഈ ജഗത്തിനോട് വിടാൻ കഴിയാത്ത പിടി മുറുക്കുമോ വീടാവട്ടെ ബന്ധുക്കളാകട്ടെ പണമാവട്ടെ സാമ്രാജ്യമാകട്ടെ അതിൽ കയറി ഇതറിയുന്ന ആരെങ്കിലും മുറുകെ പിടിക്കുമോ ഒരു നാടകം പോലെ കൈകാര്യം ചെയ്യുക പോകുമ്പോ ഇരിക്കുമ്പോ ഇരിക്കും അതുകൊണ്ടാണ് നിസ്സംഗനായി ജീവിക്കൂ സംഘമുപേക്ഷിക്കൂ എന്ന് ഗ്യുക നിസ്സംഗനായി കർമ്മം ചെയ്യൂ ഫലം ഫലത്തിൽ സംഘപ്പെടരുത് മുറുകെ പിടിക്കരുത് കിട്ടുന്നെങ്കിൽ അനുഭവിക്കുക അതൊരു നേരം പോക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട ഇതൊന്നും സത്യമല്ല സത്യം ആനന്ദസ്വരൂപമായ ആത്മാവ് മാത്രം അതുമാത്രമേ ഉള്ളൂ അത് ഉറപ്പുവന്നവരാൾക്ക് എല്ലാം അതുതന്നെ ഞാൻ അത് നീ അത് അവൻ അത് ഇവൻ അത് തന്നെ അകം അത് തന്നെ ചർച്ചയില്ലേനെ എന്ത് ചർച്ച ചെയ്യാം അഹം ത്വം സ്വയമന്ത്രിഹി ബഹിരാസ്ഥി നവസ്ഥിയോ ഇത്യാദി വാദോപരത്തിഹി ഇങ്ങനെയുള്ള വാദങ്ങൾ ഞാൻ നീ അലംപുറം ഇത്തരം ഭേദഭാവനകളും വാദങ്ങളും ചർച്ചകളും ആരിലവസാനിച്ചുവോ അദ്ദേഹത്തിന് അനന്തസുഖം സ്വസ്വരൂപമായി തെളിയും ഇതാണ് ജീവിത രഹസ്യം ഈ കൊച്ചു കൃതിയിൽ ഗുരുദേവന് എല്ലാ പദ്യങ്ങളിലും ഇതാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകട്ടെ ഭഗവാൻ നമ്മയൊക്കെ ഇത് അനുഭവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം